അവിടെ അവരുടെ പ്രാർത്ഥന അല്ലാഹുവെ നീ പരിശുദ്ധനാണ് എന്നതായിരിക്കും അവരുടെ അഭിവാദ്യവും സലാം എന്നതായിരിക്കും അവരുടെ പ്രാർത്ഥനയുടെ അവസാനവും സർവലോകരക്ഷിതാവായ അല്ലാഹു സുഹാനഹു വാലയ്ക്കാണ് സർവ്വസ്തുതിയും എന്നതായിരിക്കും